തീർച്ചയായും ഇസ്രായേൽ സന്തതികളെ സത്യസന്ധമായ ഒരു വാസസ്ഥലത്ത് നാം പാർപ്പിച്ചു അവർക്ക് ഉത്തമമായ വിഭവങ്ങൾ നാം നൽകുകയും ചെയ്തു എന്നാൽ അറിവ് ലഭിക്കുന്നതുവരെ അവർ ഭിന്നിച്ചില്ല അവർ തർക്കിച്ചിരുന്ന കാര്യത്തിൽ അന്ത്യദിനത്തിൽ നിന്റെ രക്ഷിതാവ് അവർക്കിടയിൽ തീർപ്പു നൽകുന്നതാണ്